യൂണിറ്റ് ലെവൻ ലെസൺ ഫോർട്ടിവൺ മേലധികാരിയുടെ വീട്ടിലെ സദ്യ നിങ്ങളെ ഇന്നലെ മേനോൻ സാറിന്റെ വീട്ടിലെ സദ്യക്ക് കണ്ടില്ലല്ലോ അതെങ്ങനെ നിങ്ങൾ കാണും ഞാൻ അവിടെ വന്നില്ലല്ലോ അങ്ങനെയോ മേനോൻസാർ പല പ്രാവശ്യം എന്നെ വിളിച്ച് നിങ്ങളെപ്പറ്റി അന്വേഷിച്ചു ആ ആൾക്കൂട്ടത്തിൽ എന്നെ പറ്റി നിങ്ങളോട് ചോദിച്ചോ അതെന്തിനാ അയാൾ എന്നെ സദ്യക്ക് വിളിച്ചില്ല ഞാൻ പോയില്ല പിന്നെന്തിനായിരുന്നു ആ അന്വേഷണം അങ്ങനെ പറയാമോ ജോസഫ് നമ്മളെയൊക്കെ അദ്ദേഹം ക്ഷണിച്ചില്ലേ എന്തോ ഞാൻ അങ്ങനെ കരുതുന്നില്ല മിക്ക പേരെയും അയാൾ വീട്ടിൽ പോയി വിളിച്ചു ഞങ്ങളുടെ അടുത്ത വീട്ടിൽ പോലും വന്നു പക്ഷെ എന്നെ കണ്ടു പറയാൻ മാത്രം അയാൾക്ക് തോന്നിയില്ല പിന്നെ ഞാൻ എന്തിനാ അവിടെ പോകണം പറയൂ നിങ്ങളുടെ വീട്ടിലും അയാൾ വന്ന് പറഞ്ഞില്ലേ എന്നെ ക്ഷണിക്കാൻ വേണ്ടി മാത്രം വന്നില്ല വേറൊരു കാര്യം പറയാനുണ്ടായിരുന്നു അതെന്തിനു ആകട്ടെ അയാളുടെ വരവിന്റെ വിവിധ ഉദ്ദേശങ്ങളൊന്നും എനിക്കറിയണ്ട നേരിട്ട് വന്ന് ക്ഷണിച്ചോ ഇല്ലയോ അതാണ് കാര്യം അത്ര വാശിപിടിക്കാമോ പിന്നെ നമ്മുടെ അടുത്ത സെക്ഷനിലെ ചിലരെ പോലും അയാൾ നേരിട്ട് ഫോൺ ചെയ്ത് പറഞ്ഞു എന്നോട് ആ സൗജന്യവും കാണിച്ചില്ല ഒരു ലോഹിത്തിനു വേണ്ടി ഇവിടെ എല്ലാവർക്കും കൂടെ ഒരു കുറിപ്പ് കൊടുത്ത ഞാനും അതിനത്ര പ്രാധാന്യം നൽകിയില്ല അയാളുടെ രീതിയിൽ തന്നെ ഞാനും പെരുമാറി എന്തിനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നു അദ്ദേഹം നമ്മുടെ മേലധികാരിയല്ലേ അതുകൊണ്ട് എന്താ നമുക്കും കുറച്ച് അഭിമാനമൊക്കെ ഇല്ലേ നമ്മൾ അയാളുടെ അടിമകളാണോ പിന്നെ തന്നെ പോലെ മണിയടിക്കാനൊന്നും എനിക്കാവില്ല എട ജോസഫേ തനിക്ക് കുറച്ച് കൂടിപ്പോന്നു അതിര് കടന്ന് സംസാരിക്കരുത് പറഞ്ഞു പറഞ്ഞു തന്നെ തന്നെ മറക്കാമോ ഈ പ്രായത്തിൽ ക്തം കുറച്ച് തിളയ്ക്കും പക്ഷെ നമ്മൾ കുറെയൊക്കെ അടക്കണം ഇല്ലെങ്കിൽ വെറുതെ കഷ്ടപ്പെടും പഴയ കഥയൊക്കെ ഓർമ്മിച്ച് നടക്കണം എന്നെ പീഡിപ്പിക്കുന്നു ഞാൻ വെറുതെ ഇവിടെ ഇരുന്ന് ജോലി ചെയ്യുന്നു താൻ അടുത്ത് വന്ന് വഴക്കുകൂടുന്നു എന്നിട്ടും എനിക്ക് മുന്നറിയിപ്പ് തരാൻ താൻ ധൈര്യപ്പെടുന്നു താൻ സൂക്ഷിച്ച് ഇല്ലെങ്കിൽ കാര്യം കുഴപ്പമാകും Listen and Repeat. നിങ്ങളെ ഇന്നലെ മേനോൻ സാറിന്റെ വീട്ടിലെ സദ്യക്ക് കണ്ടില്ലല്ലോ നിങ്ങളെ ഇന്നലെ മേനോൻ സാറിന്റെ വീട്ടിലെ സദ്യക്ക് കണ്ടില്ലല്ലോ അതെങ്ങനെ നിങ്ങൾ എന്നെ കാണും അതെങ്ങനെ നിങ്ങൾ ഞാൻ അവിടെ വന്നില്ലല്ലോ ഞാൻ അവിടെ വന്നില്ലല്ലോ അങ്ങനെയോ അങ്ങനെയോ മേനോൻ സാർ പല എന്നെ വിളിച്ച് മേനോൻ സാർ പല പ്രാവശ്യം എന്നെ വിളിച്ച് നിങ്ങളെപ്പറ്റി അന്വേഷിച്ചു നിങ്ങളെപ്പറ്റി അന്വേഷിച്ചോ ആൾക്കൂട്ടത്തിൽ എന്നെ പറ്റി നിങ്ങളോട് ചോദിച്ചോ ആൾക്കൂട്ടത്തിൽ എന്നെ പറ്റി നിങ്ങളോട് ചോദിച്ചോ അതെന്തിനാ അതെന്തിനാ അയാൾ എന്നെ സദ്യക്ക് വിളിച്ചില്ല അയാൾ എന്നെ സദ്യക്ക് വിളിച്ചില്ല ഞാൻ പോയില്ല ഞാൻ പോയില്ല പിന്നെന്തിനായിരുന്നു ആ അന്വേഷണം പിന്നെന്തിനായിരുന്നു ആ അന്വേഷണം അങ്ങനെ പറയാമോ ജോസഫ് അങ്ങനെ പറയാമോ ജോസഫ് നമ്മളെയൊക്കെ അദ്ദേഹം ഒരുമിച്ച് ക്ഷണിച്ചില്ലേ നമ്മളെയൊക്കെ അദ്ദേഹം ഒരുമിച്ച് ക്ഷണിച്ചില്ലേ എന്തോ എന്തോ ഞാൻ അങ്ങനെ കരുതുന്നില്ല ഞാൻ അങ്ങനെ കരുതുന്നില്ല മിക്ക പേരെയും അയാൾ വീട്ടിൽ പോയി വിളിച്ചു മിക്ക പേരെയും അയാൾ വീട്ടിൽ പോയി വിളിച്ചു ഞങ്ങളുടെ അടുത്ത വീട്ടിൽ പോലും വന്നു ഞങ്ങളുടെ അടുത്ത വീട്ടിൽ പോലും വന്നു പക്ഷെ എന്നെ കണ്ടു പറയാൻ മാത്രം അയാൾക്ക് തോന്നിയില്ല പക്ഷെ എന്നെ കണ്ടു പറയാൻ മാത്രം അയാൾക്ക് തോന്നിയില്ല പിന്നെ ഞാൻ എന്തിനാ അവിടെ പോകണം പിന്നെ ഞാൻ എന്തിനവിടെ പോകണം പറയൂ പറയൂ നിങ്ങളുടെ വീട്ടിലും അയാൾ വന്നു പറഞ്ഞില്ലേ നിങ്ങളുടെ വീട്ടിലും അയാൾ വന്നു പറഞ്ഞില്ലേ എന്നെ ക്ഷണിക്കാൻ വേണ്ടി മാത്രം വന്നില്ല എന്നെ ക്ഷണിക്കാൻ വേണ്ടി മാത്രം വന്നില്ല വേറൊരു കാര്യം പറയാൻ ഉണ്ടായിരുന്നു വേറൊരു കാര്യം പറയാൻ ഉണ്ടായിരുന്നു അതെന്തിനോ ആകട്ടെ അതെന്തിനോ ആകട്ടെ അയാളുടെ വരവിന്റെ വിവിധ ഉദ്ദേശങ്ങളൊന്നും എനിക്കറിയണ്ട അയാളുടെ വരവിന്റെ വിവിധോദ്ദേശങ്ങളൊന്നും എനിക്കറിയണ്ട നേരിട്ട് വന്ന് ക്ഷണിച്ചോ ഇല്ലയോ അതാണ് കാര്യം നേരിട്ട് വന്ന് ക്ഷണിച്ചോ ഇല്ലയോ അതാണ് കാര്യം അത്രയ്ക്കങ്ങ് വാശി പിടിക്കാമോ അത്രയ്ക്ക് അങ്ങ് വാശി പിടിക്കാമോ പിന്നെ പിന്നെ നമ്മുടെ അടുത്ത സെക്ഷനിലെ ചിലരെ പോലും നമ്മുടെ അടുത്ത സെക്ഷനിലെ ചിലരെ പോലും അയാൾ നേരിട്ട് ഫോൺ ചെയ്തു പറഞ്ഞു അയാൾ നേരിട്ട് ഫോൺ ചെയ്തു പറഞ്ഞു എന്നോട് ആ സൗജന്യവും കാണിച്ചില്ല എന്നോട് ആ സൗജന്യവും കാണിച്ചില്ല ഒരു ലോഹിത്തിന് വേണ്ടി ഒരു ലോഹിത്തിന് വേണ്ടി ഇവിടെ എല്ലാവർക്കും കൂടെ ഒരു കുറിപ്പ് കൊടുത്തയച്ചു ഇവിടെ എല്ലാവർക്കും കൂടെ ഒരു കുറിപ്പ് കൊടുത്തയച്ചു ഞാനും അതിനത്ര പ്രാധാന്യം നൽകിയില്ല ഞാനും അതിനത്ര പ്രാധാന്യം നൽകിയില്ല അയാളുടെ രീതിയിൽ തന്നെ ഞാനും പെരുമാറി അയാളുടെ രീതിയിൽ തന്നെ ഞാനും പെരുമാറി എന്തിനിങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നു എന്തിനങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നു അദ്ദേഹം നമ്മുടെ മേലധികാരിയല്ലേ അദ്ദേഹം നമ്മുടെ മേലധികാരിയല്ലേ അതുകൊണ്ട് എന്താ അതുകൊണ്ട് എന്താ നമുക്കും കുറച്ച് അഭിമാനമൊക്കെ ഇല്ലേ നമുക്കും കുറച്ച് അഭിമാനമൊക്കെ ഇല്ലേ നമ്മൾ അയാളുടെ അടിമകളാണോ അടിമകളാണോ പിന്നെ തന്നെ പോലെ മണിയടിക്കാനൊന്നും എനിക്കാവില്ല പിന്നെ തന്നെ പോലെ മണിയടിക്കാനൊന്നും എനിക്കാവില്ല എടോ ജോസഫെ തനിക്ക് കുറച്ച് കൂടി പോന്നു എഡോ ജോസഫെ തനിക്ക് കുറച്ച് കൂടിപ്പോകുന്നു അതിരുകിടന്ന് സംസാരിക്കരുത് അതിരുകിടന്ന് സംസാരിക്കരുത് പറഞ്ഞു പറഞ്ഞ് തന്നെ തന്നെ മറക്കാമോ പറഞ്ഞു പറഞ്ഞ് തന്നെ തന്നെ മറക്കാമോ ഈ പ്രായത്തിൽ രക്തം കുറച്ച് തിളയ്ക്കും ഈ പ്രായത്തിൽ രക്തം കുറച്ച് തിളയ്ക്കും പക്ഷേ നമ്മൾ കുറെയൊക്കെ അടക്കണം പക്ഷേ നമ്മൾ കുറെയൊക്കെ അടക്കണം ഇല്ലെങ്കിൽ വെറുതെ കഷ്ടപ്പെടും ഇല്ലെങ്കിൽ വെറുതെ കഷ്ടപ്പെടും പഴയ കഥയൊക്കെ ഓർമ്മിച്ച് നടക്കണം പഴയ കഥയൊക്കെ ഓർമ്മിച്ച് നടക്കണം താൻ എന്നെ പീഡിപ്പിക്കുന്നു താൻ എന്നെ പീഡിപ്പിക്കുന്നു ഞാൻ വെറുതെ ഇവിടെ ഇരുന്ന് ജോലി ചെയ്യുന്നു ഞാൻ വെറുതെ ഇവിടെയിരുന്ന് ജോലി ചെയ്യുന്നു താൻ എന്റെ അടുത്ത് വന്ന് വഴക്ക് കൂടുന്നു താൻ എന്റെ അടുത്ത് വന്ന് വഴക്ക് കൂടുന്നു എന്നിട്ടും എനിക്ക് മുന്നറിയിപ്പ് തരാൻ താൻ ധൈര്യപ്പെടുന്നു എന്നിട്ടും എനിക്ക് മുന്നറിയിപ്പ് തരാൻ താൻ സൂക്ഷിച്ച് പെരുമാറാൻ പഠിക്കണം താൻ സൂക്ഷിച്ച് പെരുമാറാൻ പഠിക്കണം ഇല്ലെങ്കിൽ കാര്യം കുഴപ്പമാകും ഇല്ലെങ്കിൽ കാര്യം കുഴപ്പമാകും ിൽ ഡ്രിൽ മേനോൻ സാർ എന്നെ വിളിച്ച് നിങ്ങളെപ്പറ്റി അന്വേഷിച്ചു മേനോൻ സാർ എന്നെ വിളിച്ച് നിങ്ങളെപ്പറ്റി അന്വേഷിച്ചു നിങ്ങളുടെ വീട്ടിലും അയാൾ വന്നു പറഞ്ഞു നിങ്ങളുടെ വീട്ടിലും അയാൾ വന്നു പറഞ്ഞു എന്തിനെ ദേഷ്യപ്പെട്ടു സംസാരിക്കുന്നു എന്തിനിങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നു മിക്ക പേരെയും വീട്ടിൽ പോയി ക്ഷണിച്ചു മിക്ക പേരെയും വീട്ടിൽ പോയി ക്ഷണിച്ചു കുട്ടി ഉറങ്ങി എണീറ്റു കുട്ടി ഉറങ്ങി എണീറ്റു അപ്പൂപ്പൻ പാട്ടുപാടി ചെറുമക്കളെ ഉറക്കി അപ്പൂപ്പൻ പാട്ടുപാടി ചെറുമക്കളെ ഉറക്കി മേലധികാരിയെ പുകഴ്ത്തി പറഞ്ഞു മേലധികാരിയെ പുകഴ്ത്തി പറഞ്ഞു കുറിപ്പ് കൊടുത്തയക്കെട്ടോ കുറിപ്പ് കൊടുത്തയക്കെട്ടോ പഴയ കഥയൊക്കെ ഓർമ്മിച്ചു നടക്കണം പഴയ കഥയൊക്കെ ഓർമ്മിച്ച് നടക്കണം സൂക്ഷിച്ചു പെരുമാറാൻ പഠിക്കണ്ടേ സൂക്ഷിച്ചു പെരുമാറാൻ പഠിക്കണ്ടേ എല്ലാവരെയും ഒരുമിച്ച് ക്ഷണിച്ചല്ലേ എല്ലാവരെയും ഒരുമിച്ച് ക്ഷണിച്ചില്ലേ പറഞ്ഞു പറഞ്ഞു തന്നെ തന്നെ മറക്കാമോ പറഞ്ഞു പറഞ്ഞ് തന്നെ തന്നെ മറക്കാമോ കഥ കേട്ട് കേട്ട് കുഞ്ഞുറങ്ങി കഥ കേട്ട് കേട്ട് കുഞ്ഞുറങ്ങി നടന്ന് നടന്ന് വീട്ടിലെത്തി നടന്ന് നടന്ന് വീട്ടിലെത്തി നിങ്ങളുടെ വീട്ടിൽ വന്നു പറഞ്ഞില്ലേ നിങ്ങളുടെ വീട്ടിൽ വന്ന് പറഞ്ഞില്ലേ തൈകൾ നട്ടു വെള്ളം കോരിയില്ല തൈകൾ നട്ടു വെള്ളം കോരിയില്ല ആഹാരം കഴിച്ചുറങ്ങണ്ടേ ആഹാരം കഴിച്ചുറങ്ങണ്ടേ ആരെയും കണ്ടു പറയണ്ട ആരെയും കണ്ടു പറയണ്ട പണം കൊടുത്ത് ജോലി വാങ്ങണ്ട പണം കൊടുത്ത് ജോലി വാങ്ങണ്ടി തന്നുണ്ടാക്കി തന്നു ഉണ്ടാക്കി തന്നു ഉണ്ടാക്കിത്തന്നു എഴുതി പഠിച്ചു എഴുതി പഠിച്ചു എഴുതി പഠിച്ചു എഴുതി പഠിച്ചു പാടിക്കേട്ടു പാടിക്കേട്ടു പാടിക്കേട്ടു പാടിക്കേട്ടു നോക്കി കണ്ടു നോക്കിക്കണ്ടു നോക്കി കണ്ടു നോക്കിക്കണ്ടു ഉറങ്ങി തുടങ്ങി ഉറങ്ങി തുടങ്ങി ഉറങ്ങി തുടങ്ങി ഉറങ്ങി തുടങ്ങി മനസ്സിലാക്കി തന്നു മനസ്സിലാക്കി തന്നു മനസ്സിലാക്കി തന്നു മനസ്സിലാക്കി തന്നു പോയി ചത്തു പോയി ചത്തു പോയി ചത്തു പോയി ചത്തു പുകഴ്ത്തി പറഞ്ഞു പുകഴ്ത്തി പറഞ്ഞു പുകഴ്ത്തി പറഞ്ഞു പുകഴ്ത്തി പറഞ്ഞു കോരി കുടിച്ചു കോരി കുടിച്ചു കോരി കുടിച്ചു കോരി കുടിച്ചു കയറി കിടന്നു കയറിക്കിടന്നു കയറി കിടന്നു കയറിക്കിടന്നു ിൽഡപ്പ് ഡ്രിൽ മോഡൽ തന്നെ ഇന്ന് രാവിലെ തന്നെ മോഹൻ ഇന്ന് രാവിലെ അഞ്ചുമണിക്ക് തന്നെ എണീറ്റ് കുളിച്ചു മോഡൽ ചെയ്യുന്നു ജോലി ജോലി ചെയ്യുന്നു ഇരുന്ന് ഇരുന്ന് ജോലി ചെയ്യുന്നു കസേരയിൽ കസേരയിൽ ഇരുന്ന് ജോലി ചെയ്യുന്നു തന്റെ കസേരയിൽ ഇരുന്ന് ജോലി ചെയ്യുന്നു അയാൾ അയാൾ തന്റെ കസേരയിൽ ഇരുന്ന് ജോലി ചെയ്യുന്നു എത്രനാൾ കാര്യം കാണാം മണിയടിച്ചു നടന്ന് മണിയടിച്ചു നടന്ന് എത്രയെ മേലധികാരിയെ മണിയടിച്ച് നടന്ന് എത്രനാൾ കാര്യം കാണാം കണ്ടില്ലേ പോയി പോയി കണ്ടില്ലേ വീട്ടിൽ വീട്ടിൽ പോയി കണ്ടില്ലേ നിങ്ങൾ നിങ്ങൾ വീട്ടിൽ പോയി കണ്ടില്ലേ അദ്ദേഹത്തിന് അദ്ദേഹത്തിനെ നിങ്ങൾ വീട്ടിൽ പോയി കണ്ടില്ലേ ഇല്ലായിരുന്നോ സമയം സമയം ഇല്ലായിരുന്നോ പറയാൻ പറയാൻ സമയമില്ലായിരുന്നോ വന്ന് വന്നു പറയാൻ സമയമില്ലായിരുന്നോ വീട്ടിൽ വീട്ടിൽ വന്നു പറയാൻ സമയമില്ലായിരുന്നോ എൻറെ എന്റെ വീട്ടിൽ വന്നു പറയാൻ സമയമില്ലായിരുന്നോ സംസാരിക്കുന്നില്ലല്ലോ ദേഷ്യപ്പെട്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നില്ലല്ലോ ആരോടും ആരോടും ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നില്ലല്ലോ ഞാൻ ഞാൻ ആരോടും ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നില്ലല്ലോ ആക്ഷേപിക്കരുത് വരുത്തി വരുത്തി ആക്ഷേപിക്കരുത് വിളിച്ച് വിളിച്ചു വരുത്തി ആക്ഷേപിക്കരുത് വീട്ടിൽ വീട്ടിൽ വിളിച്ചു വരുത്തി ആക്ഷേപിക്കരുത് ആളുകളെ ആളുകളെ വീട്ടിൽ വിളിച്ചു വരുത്തി ആക്ഷേപിക്കരുത് മടുത്തു എനിക്ക് എനിക്ക് മടുത്തു കേട്ട് കേട്ട് എനിക്ക് മടുത്തു കേട്ട് കേട്ട് കേട്ട് എനിക്കും അടുത്തു പ്രസംഗം പ്രസംഗം കേട്ട് കേട്ട് എനിക്കും അടുത്തു തൻ്റെ തന്റെ പ്രസംഗം കേട്ട് കേട്ട് എനിക്ക് മടുത്തു സബ്സ്റ്റിറ്റ്യൂഷൻ അയാൾ പുസ്തകം നോക്കിപ്പടിച്ചു വായിച്ചു അയാൾ പുസ്തകം വായിച്ചു പഠിച്ചു എഴുതി അയാൾ പുസ്തകം എഴുതി പഠിച്ചു വാങ്ങി അയാൾ പുസ്തകം വാങ്ങി പഠിച്ചു നിന്റെ കാര്യം കേട്ട് കേട്ട് എനിക്ക് മടുത്തു പറഞ്ഞ് പറഞ്ഞ് നിന്റെ കാര്യം പറഞ്ഞ് പറഞ്ഞ് എനിക്ക് അടുത്തു ചോദിച്ച് ചോദിച്ച് നിന്റെ കാര്യം ചോദിച്ച് ചോദിച്ച് എനിക്ക് അടുത്തു എഴുതി എഴുതി നിന്റെ കാര്യം എഴുതി എഴുതി എനിക്കും അടുത്തു കണ്ട് കണ്ട് നിന്റെ കാര്യം കണ്ട് കണ്ട് എനിക്കും അടുത്തു അമ്മ കുട്ടിയെ വിളിച്ചു പറഞ്ഞു കണ്ട് അമ്മ കുട്ടിയെ കണ്ടു പറഞ്ഞു നോക്കി അമ്മ കുട്ടിയെ നോക്കി പറഞ്ഞു അടിച്ച് അമ്മ കുട്ടിയെ അടിച്ചു പറഞ്ഞു ി അമ്മ കുട്ടിയെ മനസ്സിലാക്കി പറഞ്ഞു ഓർമ്മിച്ച് അമ്മ കുട്ടിയെ ഓർമ്മിച്ചു പറഞ്ഞു അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ചോദിച്ചോ ഇറങ്ങി അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇറങ്ങി ചോദിച്ചോ കയറി അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറി ചോദിച്ചോ ഇരുന്ന് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇരുന്ന് ചോദിച്ചോ നീ അവരെ പറ്റി പറഞ്ഞിരിക്കുന്നോ കേട്ടെ നീ അവരെ പറ്റി കേട്ടിരിക്കുന്നോ അറിഞ്ഞ് നീ അവരെ പറ്റി അറിഞ്ഞിരിക്കുന്നോ വായിച്ച് നീ അവരെ പറ്റി വായിച്ചു ചിരിക്കുന്നോ എഴുതി ി എഴുതിച്ചിരിക്കുന്നോർമേഷൻ ഡ്രിൽ മോഡൽ എന്നെ വീട്ടിൽ അയാൾ എന്നെ വീട്ടിൽ വന്ന് വിളിച്ചില്ല നൗ ഫോളോ ദോഡൽ സുകുമാരൻ പാട്ടുപാടി നടന്നു പാട്ട് പാടി നടന്നില്ല ആ കാര്യം കേട്ട് ഞാൻ പോയി ആ കാര്യം കേട്ട് ഞാൻ പോയില്ല ഞാൻ കാര്യങ്ങൾ മനസ്സിലാക്കി പറഞ്ഞു ഞാൻ കാര്യങ്ങൾ മനസ്സിലാക്കി പറഞ്ഞില്ല കൂട്ടുകാരെയൊക്കെ കണ്ടു ക്ഷണിച്ചു കൂട്ടുകാരെയൊക്കെ കണ്ട് ക്ഷണിച്ചില്ല വാക്കുകൾ ചോദിച്ചെഴുതി വാക്കുകൾ ചോദിച്ചെഴുതിയില്ല പലഹാരം ഉണ്ടാക്കി തിന്നു പലഹാരം രാഘവൻ അവിടെ ഇരുന്ന് ഉറങ്ങി രാഘവൻ അവിടെ ഇരുന്നുറങ്ങിയില്ല അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ട് മടുത്തു അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ട് മടുത്തില്ല അമ്മയോട് ചോദിച്ചു വാങ്ങിച്ചു അമ്മയോട് ചോദിച്ചു വാങ്ങിച്ചില്ല ഡ്രിൽ മോഡൽ വൺ അയാൾ ജോലി ചെയ്ത് ജീവിച്ചു അയാൾ ജോലി ചെയ്തു അയാൾ ജീവിച്ചു നൗ ഫോളോ ദ മോഡൽ അവർ വെള്ളം കോരി കുടിച്ചു അവർ വെള്ളം കോരി അവർ വെള്ളം കുടിച്ചു അദ്ദേഹം വഴി ചോദിച്ചു പോയി അദ്ദേഹം വഴി ചോദിച്ചു അദ്ദേഹം പോയി ഭാർഗവിയമ്മ വെള്ളം കോരി കൊണ്ടുവന്നു ഭാർഗവിയമ്മ വെള്ളം കോരി ഭാർഗവിയമ്മ വെള്ളം കൊണ്ടുവന്നു അമ്മ ചോറ് വച്ചു വിളമ്പി അമ്മ ചോറ് വച്ചു അമ്മ ചോറു വിളമ്പി അന്നമ്മ തൈരുവിറ്റ് പണമുണ്ടാക്കി അന്നമ്മ തൈര് വെറ്റു അന്നമ്മ പണം ഉണ്ടാക്കി മോഡൽ ടു നടക്കുന്നു മത്തായി കുടിക്കുന്നു മത്തായി നടക്കുന്നു നൗ ഓളോ ദോഡൽ അവർ കള്ളം പറഞ്ഞ് ജീവിക്കുന്നു അവർ കള്ളം പറയുന്നു അവർ ജീവിക്കുന്നു കള്ളൻ വീട്ടിൽ കയറി ഉടമസ്ഥനെ അടിക്കുന്നു കള്ളൻ വീട്ടിൽ കയറുന്നു കള്ളൻ ഉടമസ്ഥനെ അടിക്കുന്നു കുഞ്ഞ് അമ്മയുടെ പാട്ട് കേട്ടുറങ്ങുന്നു കുഞ്ഞ് അമ്മയുടെ പാട്ട് കേൾക്കുന്നു കുഞ്ഞ് ഉറങ്ങുന്നു അവൻ പുതിയ തുണി വാങ്ങിച്ച് തയ്ക്കുന്നു അവൻ പുതിയ തുണി വാങ്ങുന്നു അവൻ പുതിയ തുണി തയ്ക്കുന്നു ാരങ്ങൾ പാർട്ടികൾ നടത്തി ജീവിക്കുന്നു സിനിമാ താരങ്ങൾ പാർട്ടികൾ നടത്തുന്നു സിനിമാ താരങ്ങൾ ജീവിക്കുന്നു മോഡൽ ത്രീ താര പഠിച്ച് പരീക്ഷ ജയിക്കും താര പഠിക്കും താര പരീക്ഷ ജയിക്കും നൌ ഫോളോ ദോഡൽ മോഹൻ വീട് വാങ്ങി അനീനു കൊടുക്കും മോഹൻ വീട് വാങ്ങും മോഹൻ വീട് അനിയനു കൊടുക്കും കുട്ടി പന്തു കളിച്ചു നടക്കും കുട്ടി പന്ത് കളിക്കും കുട്ടി നടക്കും അവൻ ആഴ്ചപ്പതിപ്പ് വായിച്ചുറങ്ങും അവൻ ആഴ്ചപ്പതിപ്പ് വായിക്കും അവൻ ഉറങ്ങും രാധ തുണി തച്ച് പണം ഉണ്ടാക്കും രാധ തുണി തയ്ക്കും രാധ പണം ഉണ്ടാക്കും അവർ കഥകളി കണ്ട് ആസ്വദിക്കും അവർ കഥകളി കാണും അവർ ആസ്വദിക്കും നൗ ഫോദോ മോനെ നീ അമ്മയെ വിളിച്ചു കരയരുത് മോനേ നീ അമ്മയെ വിളിക്കരുത് മോനേ നീ കരയരുത് പൈലിക്ക് തൈകൾ നട്ട് വെള്ളം കോരണം പൈലിക്ക് നടണം പയലയ്ക്ക് വെള്ളം കോരണം ആളിനെ നേരിട്ടു കണ്ടു ചോദിക്കട്ടെ ളിനെ നേരിട്ട് കാണട്ടെ ആളിനോട് നേരിട്ട് ചോദിക്കട്ടെ കുഴിവെട്ടി കൈനടാം കുഴി വെട്ടാം കുഴിയിൽ തൈ നടാം നിങ്ങൾ ഓടൂ നിങ്ങൾ വരൂ മോഡൽ ഫൈവ് അമ്മ കെട്ടി വെച്ചില്ല അമ്മ ചോറ് കെട്ടിയില്ല അമ്മ വച്ചില്ല നൗ ഫോളോ ദ മോഡൽ നീ കൂട്ടുകാരനെ വിളിച്ചു പറഞ്ഞില്ല നീ കൂട്ടുകാരനെ വിളിച്ചില്ല നീ കൂട്ടുകാരനോട് പറഞ്ഞില്ല സീത ആ സംഭവം നോക്കിയിരുന്നില്ല സീത ആ സംഭവം നോക്കിയില്ല സീത ഇരുന്നില്ല ഞാൻ അവരോട് സംസാരിച്ച് അവിടെ നിന്നില്ല ഞാൻ അവരോട് സംസാരിച്ചില്ല ഞാൻ അവിടെ നിന്നില്ല അദ്ദേഹം അവിടെ സമ്മതിപ്പിച്ച് കൊണ്ടുവന്നില്ല അദ്ദേഹം അവളെ സമ്മതിപ്പിച്ചില്ല അദ്ദേഹം അവളെ കൊണ്ടുവന്നില്ല അവൾ ചിത്രം കാണിച്ച് പഠിപ്പിച്ചില്ല അവൾ ചിത്രം കാണിച്ചില്ല അവൾ പഠിപ്പിച്ചില്ല Thank <laughs> you.